സർവത്തിനും ക്ഷയശീനമുള്ളവ എല്ലാം ക്ഷയിക്കുന്ന എന്താണ് സ്വർഗ മനുഷ്യ സ്വർഗത്തിനും മനുഷ്യരിലും ഉള്ളതായ സർവഭാവങ്ങളും ക്ഷയിച്ചിരിക്കുന്നു അതുകൊണ്ടെന്താണ് സുഖം നാസ്തിക മാനുഷികമായ ഭാവങ്ങളിൽ നിന്നോ സ്വർഗീയമായ ഭാവങ്ങളിൽ നിന്നോ ഒന്നും സുഖം നാസ്തികൾ മുഖതൃഷ്ണാസും സരിതം ഈ വാങ്ങിച്ച മൃഗകൃഷ്ടികയിൽ ജലമില്ലാത്ത ഇവിടുത്തെ സുഖം എന്ന് പറയുന്ന ഒരു മനീസിക പോലെയാണ് അപ്പോ ആ സുഖം ഇല്ല ആത്യന്തികമായിട്ടില്ല എന്ന എന്നു വിചാരിച്ചു സുഖത്തെ നിഷേധിക്കുകയല്ല ഇത് അടുത്ത നിരന്തരം പറയുന്ന സുഖത്തെക്കുറിച്ചാണ് ആ സുഖം എന്ന് പറയുന്നത് സമത്വം ശാന്തി ഇതെല്ലാം നിഷേധിക്കുന്നുകൊണ്ട് മനുഷ്യന് ഉണ്ടാകുന്ന മാനസികമായ സുഖത്തെക്കുറിച്ചാണ് എനിക്ക് പറയുന്നത് അപ്പൊ ഇത് ഒന്നുമില്ലാതെയുള്ള സുഖങ്ങൾ അതാണ് മനസ്സിന് ശാന്തിയും സമാധാനവും സമത്വം സ്വാസ്ഥ്യും അതാണ് മനുഷ്യന്റെ സുഖം അതാണ് ഇവിടെ പറയും അതിനൊന്നും ആശ്രയിക്കാതെ അത് മനസ്സിലാക്കാതെ ക്ഷയിക്കുന്ന ഭാവങ്ങൾ ഈ വസ്തുക്കളിൽ ആണ് എന്ന് കരുതുന്നത്താൽ ഭൗതികമായെല്ലാം നശിക്കുന്നതാണ് ഈ നശിക്കുന്ന ലോകത്താണ് മനുഷ്യൻ ജീവിക്കുന്നത് അതക്കൂടെ അംഗീകരിക്കുന്നു നശിക്കുന്ന ഈ ലോകത്തിലുള്ളത് ഒന്നും മനുഷ്യന് ഒഴിവാക്കാൻ പറ്റത്തില്ല അത് അംഗീകരിക്കുന്നു അതെല്ലാം ഉണ്ടെങ്കിൽ മനസ്സിന് സുഖമി മനസ്സിൽ ചവന്തിരിക്കും അതാണ് ഈ പ്രകടനത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണ പറയുന്ന പോലെ അല്ല സാധാരണ പറയുന്നത് എന്താണ് ഇതെല്ലാം ക്ഷയിക്കുന്ന ഒന്നിതെല്ലാം ഉപേക്ഷിക്കുന്നു ഇതെല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തോ വലിയ സുഖം കിട്ടും ആ രീതിയിലും ഇതെല്ലാം ഉള്ളപ്പോ ഈ ലോകത്ത് ജീവിക്കുമ്പം തന്നെ മുമ്പോട്ട് കേട്ടോ കഴിഞ്ഞു യുദ്ധത്തിന്റെ സമാധാനം കാരണം യുദ്ധം മനുഷ്യന് ഒഴിവാകാൻ പറ്റില്ല പ്രത്യേകിച്ച് അത് വരും ഈ രണ്ടു കാലത്തും മനസ്സിൽ ശാന്തി നിലനിർത്തുക എന്നുള്ള അതാ പറയുന്നു അതുകൊണ്ട് സുഖത്തിനു വേണ്ടി ഇങ്ങോട്ടെങ്കിലും ഓടിപ്പോകുന്ന കാര്യമുണ്ട് പറയാം സുഖത്തിനു വേണ്ടിയിട്ട് ലോകത്തെ ഉപേക്ഷിക്കുന്ന കാര്യമല്ല പറയാം ഇതിലാണ് സുഖം ഭ്രമിക്കരുത് സുഖം ബാഹ്യമായ വിഷയങ്ങളെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് മാത്രം ആശ്രയിച്ചിട്ടല്ല പിന്നെ സുഖം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട് അവനവന്റെ മനസ്സിനെ ആശ്രയിച്ച് അതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത് സ്വന്തം മനസ്സിനെ ആശ്രയിച്ചിട്ടാണ് സുഖം അത് ചുറ്റുപാടുകൾ അനുകൂലമായാലും ശരി ചുറ്റുപാടുകൾ പ്രതികൂലമായാലും ശരി ഒരുത്തരണം അവന്റെ മനസ്സിൽ സുഖത്തെ കണ്ടെത്തുക ഇപ്പൊ നിരന്തരം പറയുന്ന എന്ന് വെച്ചൊരു കാളാണ് അതെന്ന് പറയുന്നത് പേജയോഹോ സർഗ മനുഷ്യോഗോയോഹോ ഈ ഇവരംഗ സർഗവും മനുഷ്യവും മനുഷ്യരും ഒക്കെയുള്ളതായ ൊന്നിനും തന്നെ സർവഭഗാനാം ക്ഷയിത്തോ അല്ലെങ്കിൽ ഒന്നിനും തന്നെ സർവ വസ്തുക്കളും ക്ഷയിക്കുന്നതുകൊണ്ട് സുഖം നാസ്തി അതിലൊന്നിലും തന്നെ സുഖം ഇല്ല മൃഗതൃഷ്ണാസ് സജിതമൃഗതൃഷ്ണയിൽ ജനം എന്നതുകൊണ്ട് അതോ മനജ് മനോജയസ്ഥിതി ശമസന്തോഷ സാധനത അനന്ത സമസംയോഗം തസ്മാത് ആനന്ദ അപ്യതേ അതുകൊണ്ട് മനോജയ ജയിക്കുക മനസ്സിനെ ജീവിക്കാൻ നോക്കുക മനസ്സിനാവുന്ന സുഖം വരെ ഉണ്ടാകുമ്പോൾ മനസ്സിന്റെ സുഖത്തെ നശിപ്പിക്കുന്ന എന്ന് അതിൽ നിന്നും മനസ്സിനെ ഉയർത്തിയെടുക്കുക അതിൽ നിന്നും മനസ്സിനെ മനോജയം എന്ന് പറയുന്നതാണ് ആന്തരികമായും ഭാഗ്യവുമായിട്ടുള്ള എല്ലാം മനസ്സിന്റെ സുഖത്തെ കെടുത്തിക്കളയും നശിപ്പിച്ചു കളയും അപ്പൊ അതിൽ നിന്ന് മനസ്സിനെ ഉയർത്തിയെടുക്കുന്നതാണ് മനോജയം അതാണ് സിന്ധ്യ അറിയേണ്ടത് അത്തരത്തിലുള്ള മനോജയം ആന്തരികവും ഭാവിയും ബാഹ്യവുമായ ഈ വൈരുദ്ധ്യങ്ങളിൽ നിന്ന് മനസ്സിനെ എങ്ങനെ മാറ്റിയെടുക്കാം മാറ്റി നിർത്താം അതാണ് മനോജയം ഈ ഒരു മനോജയത്തെക്കുറിച്ച് ആവർത്തിച്ച ആവർത്തിച്ച് പറയും അല്ല ഇനി സമാധിപ്പോഴ് മനസ്സിനെ നിരോധിക്കുകയാണെങ്കിൽ അതും പറയും അത് ഒരു ഭാവനയാണ് അങ്ങനെ ഒരാൾക്ക് മനസ്സിനെ ജയിക്കാം എന്നുള്ളത് ഈ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കും ഇത് മനസ്സിലാവുന്ന കാര്യമുണ്ട് ഇതെങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ മനസ്സിലാവാം നമ്മുടെ മനസ്സ് ഇതിനൊക്കെ പെട്ടുപോകുമ്പോൾ മനസ്സിൻ്റെ ശാന്തി തുടർന്ന് പറയുന്നത് എന്താണോ ശാന്തി അതാണ് മനസ്ശാന്തിയാണ് അതീ വളരെ സങ്കീർണമായ ഈ ലോകത്ത് എങ്ങനെ ശാന്തി ഉണ്ടാക്കിയെടുക്കാം മനസ്സ് ലോകത്തെ മാറ്റുന്നതിൻ്റെ ഒരു പരിമിതി ഉണ്ടല്ലോ ഒരു പരിധിക്കപ്പുറം ലോകത്തെ മാറ്റാൻ പറ്റില്ല വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ മോശമാണ് അതൊന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല നാട്ടിലെ സാഹചര്യം മോശമാണ് മാറ്റാൻ പറ്റില്ല അവിടുത്തെ ചുറ്റുപാടുകൾ മോശമാണ് മാറ്റാൻ പറ്റില്ല എന്ന് കഴിഞ്ഞിട്ടാണ് അവർക്ക് ഒരു ആശമത്യുള്ളത് അവിടെ വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതൊന്നും മാറ്റാൻ പറ്റത്തില്ല വൈകി വരുന്ന വിവേകം അപ്പൊ പിന്നെ എന്താ മാറ്റേണ്ടത് മനസ്സ് മാറ്റുക എന്ന് പറഞ്ഞു മനസ്സ് മാറ്റുക ഏറ്റവും പ്രധാനമായി വേണ്ട എന്താണ് ബുദ്ധിപൂർവ്വം ജീവിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാവരും ജീവിക്കുന്നുണ്ട് എല്ലാവർക്കും ജീവിക്കാനുള്ള ബുദ്ധിയാണ് അതെല്ലാവരും മനുഷ്യൻ ജീവിക്കത്തില്ല എല്ലാ മനുഷ്യനും നിരന്തരം അതിജീവന തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിച്ചു പോകുന്നത് ആരും അത്ര ശുദ്ധമാരുന്നില്ല എല്ലാവരും ഇതിനും തന്ത്രശാലികളും സർവർ അത് മനുഷ്യന് പരിണാമത്തിലൂടെ കിട്ടിയ ഒരു സ്ഥിതിക്ക് ശേഷം ഈ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേ അതിജീവന തന്ത്രങ്ങൾ കണ്ണിന്റെ നേരെ ഒരു ഈച്ച പറഞ്ഞു വന്നാൽ കണ്ണടയ്ക്കുന്നില്ലേ അതൊരതിജീവനന്ത്രമാണ് കണ്ണിനെ സംരക്ഷിക്കുക അതുപോലെ മനുഷ്യനും എന്ത് ചെയ്യുന്നു ഓടിക്കേണ്ടി അടുത്തൊക്കെ ഓടിക്കുന്നു പ്രത്യക്ഷപ്പെടേണ്ടടുത്തൊക്കെ പ്രത്യക്ഷപ്പെടുന്നു സർവ അടങ്ങൾ പൈറ്റിയാണ് സർവ മനുഷ്യനും ജീവിക്കുന്നത് അവൻ ചെയ്യുന്ന എന്താണെന്ന് അവനെ അറിയുന്നില്ലെന്നുള്ളതേ ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിന്റെ ശാന്തിക്ക് ഉപകരിക്കത്ത ചെയ്യണമെന്നോട് പറയും എന്നാണ് വിനോദ ചെയ്യണമെന്ന് പറയും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ സമീപിക്കുക അങ്ങനെയുള്ള ബുദ്ധി എല്ലാവർക്കും ഉണ്ട് ജീവിച്ചു പോകാറുള്ള ബുദ്ധി എല്ലാവർക്കും ഉണ്ട് പിടിച്ചടക്കാറുള്ള ബുദ്ധി എല്ലാവർക്കും ഉണ്ട് അതാണ് വ്യത്യാസം എല്ലാവർക്കും ഒന്നും അങ്ങനെ പിടിച്ചടക്കാൻ പറ്റത്തില്ല പക്ഷെ ജീവിക്കാൻ പറ്റും അവിടെയാണ് മനോജയം വേണ്ട അതിനെന്താ വേണ്ടത് ശമസന്തോഷ സാധനം ചില സന്ദർഭങ്ങളിൽ പ്രിയന്താണ് പല്ല് തടിച്ച് കല്ല് എറമ്മിയും തലമുടി വരിച്ച് പിഴുതുന്നു ഇങ്ങനെയൊക്കെ ചില മനസ്സിന് ജയിക്കാൻ നോക്കാം എന്ന് ചിലടത്തൊക്കെ പറയും അപ്പൊ അടുത്ത പ്രയോഗങ്ങളാണ് കല്ല് ഒഴിഞ്ഞു പോകാം മുടി ഒഴിഞ്ഞു പോകാം എന്നുള്ള മനോജമൊന്നും അതുകൊണ്ട് സാധിക്കില്ല പിന്നെന്താ വേണ്ടത് ശ്രമസന്തോഷ സാധനം മനസ്സിന് സന്തോഷം നിലനിർത്താശ്രമിക്കുക ശാന്തി നിലനിർത്താശ്രീമിക്കുക ഇതാണ് എനിക്ക് സാധ്യത ഇവിടെ പറയാം ഇനി തുടർച്ചയായിട്ട് ഇതിനെ വർണ്ണിക്കുകയും അങ്ങനെ ശമം സാധിച്ചവരുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയും ഇതൊക്കെ ശമത്തെ ശാന്തിയെ ഒരാളെ സ്വീകരിക്കുന്നതിനെ പറയുന്നുണ്ട് വളരെ ജീവിതത്തിലുണ്ട് പ്രായോഗികമായി ഉപയോഗ കാര്യങ്ങൾ കുറെ അർത്ഥവാദങ്ങളും കുറെ അതിനെ പ്രസ്തുതിക്കാൻ വേണ്ടി എന്തായാലും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ പ്രശ്നങ്ങളും നമ്മുടെ ഉടനിലുണ്ടാകുന്ന എന്തെങ്കിലും വിഭ്രാന്തികളെല്ലാം അത് അത് ധാരാളം അമ്പലവാസികളും ആശ്രമവാസികളും എന്തുകൊണ്ട് നടക്കുന്നവരാണ് കൂടുതൽ ശാന്തി ഒഴികെ ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടവരെ നേടിയവരുന്നത് പലരും നഷ്ടപ്പെടുത്തുന്നു പലതും നേടുന്നു അതിന് കാര്യമില്ല എല്ലാ യോഗ സംസ്കൃതങ്ങളും തന്നെ വിളിച്ചത് മനുഷ്യന് സന്തോഷമാണ് വേണ്ടത് തൃപ്തിയാണ് വേണ്ടത് അസംതൃപ്തനും പ്രവൃത്തിയിൽ പോരാ പോരാ ചിന്തിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് അത് ആത്മീയത അവിടെ ഇല്ല അവിടെ പറയുന്നതാണ് മനസ്സിനെ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുടി മരിച്ചു സന്തോഷം തന്റെ ഉള്ളിൽ കണ്ടെത്തുക പിന്നെ ബുദ്ധി വേണോന്ന് പറഞ്ഞത് ബുദ്ധി എന്ന് പറയുന്നത് അതിൻ്റെ സാഹചര്യങ്ങളെ അനുകൂലമാക്കാനും വേണ്ടിവന്ന സാഹചര്യങ്ങളെ മാറ്റാനും ഒക്കെയാണ് ബുദ്ധി ഉപയോഗിക്കുന്നത് ബുദ്ധി കൊണ്ട് ശാന്തി ഉണ്ടാവുന്നത് നമ്മുടെ ചുറ്റുപാടുകളെ കൈകാര്യം ചെയ്യുന്നതിനാണ് ബുദ്ധി ഉപയോഗിക്കുന്നത് അത് വേണ്ടതുമാണ് അടുത്ത പറയും ഒരു ശത്രു നമുക്കുണ്ട് നമ്മൾ ഉത്തരവാദി ആവണമെന്നൊന്നുമില്ല ആ ശത്രുവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം അവിടെയാണ് ബുദ്ധി ഉപയോഗിക്കുക എങ്ങനെ നമ്മുടെ മനസ്സിന്റെ ശാന്തി കളയാതെ ശത്രുവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം ബുദ്ധി ഉപയോഗിക്കുന്നത് അപ്പോ അത് ശരിയായി കൈകാര്യം ചെയ്യുന്നതിനുള്ള ബുദ്ധിയുണ്ടെങ്കിൽ ഓരോ സന്ദർഭത്തിലും മാറിയിരിക്കും ഉണ്ടെങ്കിൽ നമുക്ക് ശാന്തമായി യുദ്ധം ചെയ്യുന്നിടത്തും ശാന്തിയാകാം എന്നാണ് കൂടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നവരൊക്കെ ശാന്തരാണെന്നാണ് അല്ല യുദ്ധം ചെയ്യുന്നവരൊക്കെ അസ്വസ്ഥരാണ് യുദ്ധമെന്ന് വെച്ചാൽ പോക്കും കുന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നതല്ല ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം വിധമാണ് അവിടെയൊക്കെ മനുഷ്യന് ശാന്തമായിരിക്കാൻ വേണ്ടി മനസ്സിന് സന്തോഷം നിലനിർത്തി ബുദ്ധി ഉപയോഗിച്ച് തന്റെ ചുറ്റുപാടുകളെ സാഹചര്യങ്ങളെ നിയന്ത്രിച്ച് തന്റെ സ്വാധീനത്തിലാക്കി ജീവിക്കാവുന്നതാണ് അതിന് ശാന്തി വേണം സന്തോഷം ഈ ശാന്തി സന്തോഷം എന്ന് പറയുമ്പോൾ മുമ്പോട്ട് ഇടണം പറയും ശാന്തി എന്ന സന്തോഷം എന്നും പറയും ഇത് പര്യായമായിട്ട് ഉപയോഗിക്കും ഇവിടെ പറയുന്ന അന്തസ്സീള ശാരു സ്വാസ്ഥ്യം സന്തോഷം നിർവൃതി ഇതെല്ലാം ഒരർത്ഥത്തിനും പ്രയോഗിക്കും ചെറിയ അർത്ഥവ്യത്യാസത്തിനും പ്രയോഗിക്കും മനസ്സിന് ഒരുപാട് വികല്പങ്ങളില്ല എന്ന് കഴിഞ്ഞാൽ അതിന് മനസ്സിന്റെ ശമം എന്ന് പറയും ഒരുപാട് മനസ്സിൽ വികൽപ്പങ്ങളുണ്ടാവും ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും മനസ്സിലുണ്ടാവുന്ന ഒരുപാട് പ്രതീക്ഷ ഇന്നതിലതൊക്കെ നേടണം എന്നുള്ള ഒരുപാട് പ്രതീക്ഷ അത് സാധ്യമാവുന്ന കാര്യങ്ങളാണ് കുഴപ്പമൊന്നും ഉണ്ട് പക്ഷെ അസാധ്യമായ കാര്യങ്ങളിലും പ്രതീക്ഷ തന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളും പ്രതീക്ഷ അത്തരം വികല്പങ്ങൾ മനസ്സിന്റെ വിരുദ്ധ കൽപ്പനകൾ അത് ഒഴിവാക്കാമെങ്കിൽ മനസ്സിൽ ശമിക്കും അവിടെ ശാന്തി ശമിക്കുക ശാന്തം എന്ന് പറയുമ്പോൾ അവിടെ അറിഞ്ഞു വരുന്ന സന്തോഷം അതാണ് മനോജയം എന്ന് പറയുന്നത് മനസ്സിന് പൂർണ്ണമായും സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുക അതും നടക്കുന്ന കാര്യം കാരണം മനസ്സെന്ന് പറയുന്നത് നിരന്തര ചരിക്കുന്നുവെന്നാണ് അതിന് നിശ്ചലമായിരിക്കും അറിയത്തില്ല അസാധാരണ അറിയാം അതിൻ്റെ ശാന്തിയുടെയും സന്തോഷത്തിന്റെയും ഒരു വഴിക്ക് ചരിപ്പിക്കുക എന്ന് പറയും അതിന്റെ ഗതി ഇല്ലാതാക്കുകയല്ല അതിന്റെ ഗതി തിരിച്ചുവിടും അതാണ് മനോജയം അപ്പൊ മനോജയത്തിലൂടെ സുഖം എന്ന് പറയുന്നതാണ് അത് സമസന്തോഷ സാധനം അനന്ത സമസമീപവും അനന്തമായ അന്തമില്ലാത്തതായ സമം സമത്വത്തിന്റെ സംയോഗം മനസ്സുമായിട്ടുള്ള നിരന്തരമായ മല്ല ഗീതിലൊക്കെ പറയുന്നില്ലേ സമത്വം പറയുന്ന ആ സമത്വം തന്നെ ആ സമത്വം എന്ന് പറയുന്നത് നശിക്കാതിരിക്കുകയാണ് അനന്തം അന്തമില്ലാത്തതായ ആ അതിന്റെ സമ്മന്ധം എവിടെ വേണം എപ്പോഴും മനസ്സിൽ വേണം ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ത് വരും ജീവിച്ചിരിക്കുന്നവരെല്ലാം നിത്യശാന്തിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ജീവിച്ചിരിക്കുന്നവനാണ് ശാന്തി വേണ്ടത് മരിച്ചവൻ ഭസ്മമായിപ്പോയി അവനോടെയിട്ടാ ശാന്തി ജീവിതകാലം മുഴുവൻ ശാന്തിയില്ലാതെ ജീവിച്ചിട്ട് അവസാനം വലിയ അപ്പൊ മരിച്ചവൻ നിത്യശാന്തി നേരിട്ട് കൂടുതൽ ഒരു വെഡിത്തമേ ഇല്ല പിന്നെ ഒരാ ആചാരപ്രിയന്മാരാണ് നമ്മൾ അതുകൊണ്ട് അതൊക്കെ പറയാൻ പറയണ്ടെന്നൊന്ന് പറയുന്നത് അർത്ഥമില്ലാത്തതായി ഇപ്പം മനുഷ്യ എന്താണ് മൂത്ത് നരച്ച് പല്ല് പൊിഞ്ഞിട്ടും മരിച്ചാലും ശരി അനു മുമ്പ് മരിച്ചാലും ശരി മനുഷ്യന് ശാന്തി ഉണ്ടാവണോന്നെ ജീവിച്ചിരിക്കുമ്പോൾ ശാന്തിയില്ലാത്തവരും മരിച്ചതിന് ചേട്ടൻ നിത്യശാന്തി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി പറയുന്നത് സമാധാനമില്ലാത്ത മനുഷ്യന് ശാന്തിയാണ് ശാന്തി ആശംസ ഓം ശാന്തി ശാന്തി ശാന്തി പറയുന്ന ഇതുപോലെ പാഴവാക്കാണ് പറയുന്നവന് ശാന്തിയില്ല ലോകത്തിന് ശാന്തിയില്ല എന്ന ഒരു ആചാരമെന്നുള്ള ആളൊക്കെ നടക്കിട്ട് കുഴപ്പമൊന്നും ഇവിടെ പറയുന്ന എന്താണ് അങ്ങനെ വേണ്ട മനസ്സിനാണ് ശാന്തി വരേണ്ടത് അത് ജീവിച്ചിരിക്കുന്നു അത് മനോജയം കൊണ്ടാണ് വരെ ആ മനോജയത്തിന്റെ രണ്ട് സാധനമാണ് ഈ പറയുന്ന ശാന്തിയും സന്തോഷം ജീവിച്ചിരിക്കുന്ന ശാന്തിയും സന്തോഷം കുറെയെങ്കിലും ഒരാൾക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ അവരിൽ മാത്രമേ ആത്മീയത ഉള്ളൂ അല്ലാതെ ഏതെങ്കിലും ആത്മീയ വിഭ്രാന്തികളുടെ പുറകെ നമ്മൾക്ക് മനസ്സ് അസ്വസ്ഥമായി ആ അസ്വസ്ഥതയെ നിലനിർത്തിക്കൊണ്ട് അർത്ഥശൂന്യമായ ആചാരങ്ങൾ ലഭിക്കുക പ്രാർത്ഥിക്കുക കിടക്കുക മറയുക തലവത്തിനെക്കുക എന്തൊക്കെയാ മനുഷ്യൻ കാണിക്കുന്നു കഴുത്തിനെന്തുന്നു തലയിൽ എന്തിക്കുന്നു അഭ്യാസം ഇതുകൊണ്ടൊക്കെ മനസ്സിന് ശാന്തി ഒന്നും സംഭവിക്കില്ല എന്തോ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചാൽ മയൂരാസനത്തിൽ നിന്ന് ആൾക്കാർ ശാന്തി ഉണ്ടായിട്ടുണ്ട് ആരെങ്കിലും പറയും നമ്മുടെ ശാന്തില്ല അവിടെ ഇതേക്കു വന്ന് കഴിക്കും വേറെ അപ്പം ആസനം മാറും മനസ്സിന് ശാന്തി നമ്മൾ കാണിക്കുന്ന പല ആചാരങ്ങളും മനസ്സിന്റെ ഒരു കാണിച്ചു പോകുന്നതാണ് അറിയാത്തത് ളല്ലാരെങ്കിലും പള്ളിയിൽ പോയിട്ടും ഞാൻ പോയിട്ടും ഇവിടെ ആൾക്കാരുടെ അടുത്ത് വിളിക്കുന്ന ഭർത്താവേ ഭർത്താവ് വിളിക്കുന്നത് പോലത്തെ മനസ്സിന് ശാന്തി അലരെ വിളിക്കുക ഈ അലരെ വിളിയ തന്നെ അവർക്ക് വിരിച്ച ശാന്തി കിട്ടിയ പിന്നെ അവൻ വിളിക്കാൻ പോകട്ടു പിന്നെ അതോടുകൂടി വെളിയിൽ നിർത്തും അതുകൊണ്ട് വിളിപ്പിക്കുന്ന ഒരു താല്പര്യമുണ്ട് എങ്ങനെ ഒരിക്കലും ശാന്തി കിട്ടും എന്നൊന്നാണ് ഞാൻ ശാന്തി ശാന്തിക്കുള്ള വഴി പറഞ്ഞു കൊടുക്കില്ല ശാന്തി കിട്ടിക്കഴിഞ്ഞാൽ അവൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി തോന്നും എന്തിനെന്ന് ചോദിച്ചാൽ പറയും മനഃശാന്തി കിട്ടിയോ മനഃശാന്തി കിട്ടി അടുത്ത ദിവസം പോകും മനഃശാന്തി അവ തലേ ദിവസം കിട്ടിയാൽ തോന്നും ജീവകാലം കൊള്ളോ ഇങ്ങനെ തോന്നുന്നു എന്തിനാ എല്ലാ ദിവസവും പോയി അമ്പലത്തെ തോൽന്ന് മനഃശാന്തി ഒരു ദിവസം അങ്ങനെ കിട്ടിയാൽ പിന്നെ പോകു പോകേണ്ട ആവശ്യ അവ പിന്നെ എന്താണ് അവനെ ഈ എല്ലാ ദിവസവും പോകുന്നു കുറിച്ചുള്ള പ്രതീക്ഷിച്ചു ഇതൊക്കെ മനുഷ്യൻ്റെ പ്രതീക്ഷ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് മനുഷ്യന്റെ അനുഭവം കൊണ്ട് ഒന്നും ചെയ്യാനില്ല അനുഭവം ഉണ്ടെങ്കിൽ എന്തിൻ്റെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെ എവിടെയെങ്കിലും നമുക്ക് സ്വസ്ഥമായിരിക്കാം വല്ലതും തിന്നും കുടിച്ചും ഒക്കെ സമാധാനമായിട്ട് ജീവിക്കാം എന്തെങ്കിലും പ്രവർത്തിക്കാം ഓരോ ആചാരങ്ങളുടെ അവസ്ഥ സമാധാനം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട കഥയില്ലാത്ത കാര്യങ്ങളാണ് പിന്നെ വേറെന്നുണ്ട് പറയാം ഇനിക്ക് ശാന്തി സമാധാനം ഇല്ലെങ്കിൽ എല്ലാ ദിവസവും പ്രതീക്ഷയോടുകൂടി അമ്പലത്തിൽ പോവുക പോണ്ടെന്നല്ല ഞാൻ പറയും സമാധാനം ശാന്തി ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ആ പോവുക ചാരങ്ങളുടെ ചരടി തന്നെ അർത്ഥം നമ്മളെ ബന്ധിപ്പിക്കുക അടുത്ത് അതും പറയും അങ്ങനെ ബന്ധിച്ച് അവിടെ ഇട്ടിരിക്കുക ചൂണ്ടയിലൊക്കെ ഒരുത്ത ഇരയെപ്പോലെ അവിടെ കിടന്ന് പഠിച്ചോട്ടെ അതില്ലെങ്കിൽ ശാന്തി എന്ത് ഇല്ല എന്നതെങ്കിൽ അങ്ങനെ ജീവിതം അങ്ങനെ പോട്ടെ അപ്പൊ എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും എല്ലാ മനുഷ്യന്റെ മനസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ബോധം മാത്രമുണ്ടോ മനഃശാന്തി എല്ലാത്തിന്റെ അടിസ്ഥാനമായി തകരാറെന്ന് പറയുന്നതാണ് മനസ്സിന് സന്തോഷം സമാധാനം ആത്മീയ ജീവിതമെന്ന് പറഞ്ഞ് ഓരോ വേഷം കിട്ടുന്നു വെള്ളി എടുത്തണിയുന്നു മഞ്ഞ അണിയുന്നു ചുവപ്പണിയുന്നു ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും കഥയുണ്ട് എന്തെങ്കിലും പ്രയോജനമാണ് ജീവിതത്തിൽ ഒരു നിസാരമായ പ്രതിസന്ധി ഒരു നേരാനോ ശേഷി നിസാരം ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധി മനുഷ്യർ വരും അന്ന് നേരതാനോ ഒന്നും ആത്മീയത കൊണ്ട് കഴിയില്ല കഴിഞ്ഞ ദിവസം അമ്മ എന്നോട് പറഞ്ഞ കാര്യം ഇവിടെ എല്ലാരും പഠിക്കുന്നത് അദ്വൈതമാണ് പക്ഷെ എല്ലാത്തിനും കൂടി വരുന്ന അന്ധവിശ്വാസം എന്നോട് പറഞ്ഞാണ് സംശയോണ്ടെങ്കിൽ പോയി ചോദിച്ചു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ കള്ളം പറയത്തില്ല പഠിക്കുന്ന എല്ലാവരും അത് ചെയ്തും വല്ല അന്ധവിശ്വാസം കൂടി വരും ഇത് പഠിച്ചുകൊണ്ട് മാറുന്ന പ്രശ്നം എന്താ മാറുന്നില്ലെങ്കിൽ എന്താ എന്റെ പ്രശ്നം എന്താ പ്രശ്നം ബ്രൈലിന്റെ പ്രശ്നം എന്ന് പറയുന്നില്ലെങ്കിൽ അതോ കൂടി അത് പഠിച്ചാൽ മാറുന്നില്ല ഒന്നു രണ്ട് ഉദാഹരണങ്ങൾ വന്നു നമ്മളിപ്പോ പഴയ കാലത്തൊക്കെ എനിക്ക് ആശ്രമത്തിൽ നിന്ന് എപ്പോ വേണമെങ്കിൽ ഇറങ്ങി പോവാം എന്തെങ്കിലും ആവശ്യത്തിന് പറയുന്നത് ഇപ്പൊ ഒരാശുപത്രി പോകുകയാണെങ്കിൽ അത്യാവശ്യമായിട്ട് ഉടനെ ആൾക്കാർ പറയുന്നത് വെള്ളിയാഴ്ച എടുത്ത് ചൊവ്വാഴ്ചയാണ് ഇറങ്ങിക്കൂട നമ്മൾ ആശുപത്രിയിൽ പോകാൻ ഇറങ്ങി ഇത് പറഞ്ഞുണ്ടായിരുന്നു ഈ മൂടബുദ്ധികളതിനെ കുറിച്ച് എന്ത് ചിന്തിക്കണം ശരി ഇനി അതുപോട്ടെ വെള്ളിയാഴ്ച ഇറങ്ങുമ്പോ പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇറങ്ങാവും എന്താ സംഭവിക്കുമെന്നുള്ളത് ഇവിടെ ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് പറഞ്ഞാൽ ഈ മൂടന്മാരെ ഇതിന് നോക്കും ജോർസന്റെ അടുത്ത് ചോദിക്കും ഇപ്പൊ മണി കഴിഞ്ഞ് കഴിഞ്ഞിറങ്ങും ആംബുലൻസ് എപ്പോ വിളിക്കും ഇത് പറഞ്ഞ കാര്യമാണ് അങ്ങനെ ആയിപ്പോയി അന്ധവിശ്വാസികളെ പെരുത്തുപോയി ആശ്രമത്തിൽ ഒരു രക്ഷയും എങ്ങനെയാണ് ഇവരുടെയൊക്കെ ബുദ്ധിമുട്ട് മലം പ്രയാസം അദ്വൈതം പിടിച്ചെന്ന് വിചാരിച്ചു അദ്വൈതം മനസ്സിലാക്കിയെന്ന് വിചാരിച്ച് ഞാനൊരു ഗ്യാരണ്ടി അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്താണ് ഇവർക്ക് അദ്വൈതം മനസ്സിലാകുന്നത് കൊണ്ട് ഇവരൊക്കെ ബുദ്ധി നേരെയാവും അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ ഇതൊക്കെ ശരിപ്പെടാൻ പറ്റിയ പോരാണോ അമ്മ വിചാരിച്ചു ശരിയാകുന്നില്ല പിന്നെയാണ് അദ്വൈതം വിളിച്ച് ഇവർ അന്ധവിശ്വാസ കൂടാരമായി ഒരു അമ്മയ്ക്ക് ഒരു രക്ഷ അപ്പൊ ഈ ഇവിടെ കഴിയുന്നവരെ കുറിച്ച് തന്നെ ഞാൻ പറയുന്നു ഇനി എനിക്ക് ധൈര്യം ഞാൻ തരാനുണ്ട് അപ്പൊ പറഞ്ഞു നിങ്ങളോടും പറയും നിങ്ങളോട് പറഞ്ഞു പറഞ്ഞ് സൈതട്ട എന്നോട് പറഞ്ഞു ഞാനിവിടെ പറയട്ടെ ഞാനിതാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം കുറച്ചുകൂടെ പറയട്ടെ എന്ന് വിചാരിച്ചാ പറ മൂടബുദ്ധികൾ വിചാരിക്കുന്ന എന്തറിയാം അമ്മയുടെ അറിവ് അമ്മയുടെ എന്താണ് ആത്മീയത അമ്മയുടെ മഹത്വം അമ്മയുടെ കഴിവുകൾ ഇതൊക്കെ എന്തുകൊണ്ടെന്ന് ഈ മൂടന്മാർക്കെല്ലാം അറിയാം ഒരു ഏകപക്ഷവും ഞാൻ പറയും ഇവർക്കറിയാം ഏതോ വിശേഷതയുണ്ടെന്ന് അറിയാം പക്ഷെ ഇവർ വിചാരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഈ എല്ലാ സവിശേഷതകളോടും നമ്മുടെ ഈ മൂടത്തരങ്ങൾ ചേർത്താലേ പൂർണമാകുന്നവർ വിചാരിക്കും അല്ലെങ്കിൽ അമ്മ അപൂർണമാണെന്ന് വിചാരിക്കും അല്ലെങ്കിൽ പറയേണ്ട കാര്യമുണ്ടോ പന്തലോളി ഇരാവകാലങ്ങൾ കഴിഞ്ഞിറങ്ങിയ അമ്മ തീരുമാനിക്കുന്ന അപ്പോ ഈ മുടന്മാർ വിചാരിക്കുന്നത് ഞങ്ങളുടേതായ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് ചേർക്കാൻ മുൻപ് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഒരു വയസ്സിൽ നിന്ന് ഒരു മുതലേ അമ്മാവൻ ഒരു പുതിയ പിടിച്ച് അതിന്റെ വാൽ ഒരു ഈച്ചയിൽ അതവിടെയിരുന്നതാണ് പിന്നെ അതിറങ്ങി അടുത്ത് ചായക്കളി പോയിരുന്നു പറഞ്ഞു ഞാനും മുതലേ അമ്മ അച്ഛനും കൂടെ ഒരു പൂജയെ പിടിച്ചത് അവരും ഇവിടെയുള്ള ഈ മൂടഭുതികൾ വിചാരിക്കുന്നു ഞങ്ങളുടെ ഈ അന്ധവിശ്വാസങ്ങളും ഇവിടെ ചേർത്ത് കഴിഞ്ഞാലേ അമ്മ വിജയിക്കത്തുള്ളൂ എന്നാണ് എന്ത് പറയാൻ അല്ലെങ്കിൽ പിന്നെ ഇതവിടെ ചേർക്കേണ്ട വല്ല കാര്യം ഈ മൂടന്മാർ കയറുന്ന ഒരു വെളിയുണ്ടാവും അതിന് എല്ലാ കളറും ഉണ്ട് വെള്ളയുണ്ട് ചുവപ്പുണ്ട് മഞ്ഞയുണ്ട് എല്ലാം ഉണ്ട് വിധികൂട്ടന്റെ തിന് പറയുന്നത് വിധികൂട്ടം എന്ന് പറയാൻ ഭക്ഷണത്തിന്റെ നല്ല വാക്കുകളില്ല പിന്നെ മോശം വാക്കുകളുണ്ട് അത് പറയാൻ പാടില്ല അതാണ് ഞങ്ങളുടെ ഈ മൂടതകളൂടെ ചേർത്താലേ ഇതൊക്കെ ശുഭമായി നടക്കുമെന്നുള്ള ഒരു വിശ്വാസം അമ്മയുടെ വിഷനെ കുറിച്ച് അവർക്ക് അറിയത്തില്ല അതാണ് എന്നാൽ ഇരുപത്തിയേഴ് മണിക്കൂറായിട്ടൊന്ന് പുകഴ്ത്തുകയും ചെയ്യുന്നു അമ്മയായി ചാനാണ് ചേനയാണ് അതാണ് ഏതാണെന്ന് പറഞ്ഞു അതിന് തന്നെ ഒരു കാപട്ടിയുണ്ട് അതിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏതെങ്കിലും താക്കുകൾ നിറയിൽ കിട്ടാൻ വേണ്ടിട്ടാണ് ഈ പുകഴ്ത്തൽ അതൊക്കെ അമ്മയ്ക്ക് അറിയാം അതൊക്കെ അമ്മ പറഞ്ഞു ാണ് ഇപ്പൊഴുത്തുന്നവരൊക്കെ പിന്നെ ഭക്തന്മാരാണ് അമ്മ ധരിച്ചിട്ടില്ല അങ്ങനെ ആരും വിചാരിക്കും ഒഴുത്താത്തവർക്ക് ഭക്തിയില്ലെന്നും ധരിച്ചിട്ടില്ല വേറൊ വേറൊരു കാര്യം പറഞ്ഞു എന്താണ് ഇവിടെ എവിടെ ഒരു വാതിലും അമ്മ പറഞ്ഞാൽ അവിടെ വയ്ക്കാൻ പറ്റും ഉടനെയാണ് ജോൽസയില് വന്നിട്ട് പറയുന്നത് അത് അവിടെ വെക്കാൻ പാടില്ല അവിടെ നിന്ന് ഇളക്കി മാറ്റി വന്നു അമ്മയാണ് പറഞ്ഞത് അവിടെ വെക്കാൻ ആ ബോധം ബോധവനില്ല എന്താ പറയുക അത് അവിടെ നിന്ന് ഞാൻ വാസ്തുവിന്റെ കാര്യം കഴിഞ്ഞോളാം ഞാൻ രണ്ടു ഈ അന്ധവിശ്വാസം പറഞ്ഞില്ല അത് വാസ്തവിക ഏതോ വാസ്തവത്വം എന്ന് പറയുന്നതെന്ന് എന്താണ് അത് അവിടുന്ന് മാറ്റിവെക്കും ഇവർക്ക് ഇത് ലോകത്താൽ ജീവിക്കുന്നു എനിക്കൊരു നിർദ്ദേശമുള്ളത് എന്നെ താമസിപ്പിച്ചിരിക്കുന്ന പോലെ ഇവരെയൊക്കെ ഇവിടുന്ന് ഇറക്കി അക്കരയിൽ അങ്ങനെ ഒന്നും തന്നെയായിരുന്നു ഒരിടത്ത് ഇരിക്കും ചാപ്പാട് അവിടെ ഇരിക്കും അതാണ് ഇതിന്റെ ഒരു പരിഹാരം അപ്പൊ കയറി ഇടപെടത്തിട്ടുണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ട് ബോധമുണ്ടാക്കേ അദ്വൈതം പഠിക്കുന്നു ഒരു ഒന്നിനും ബോധം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ഗുണമെന്ന് ചോദിച്ചു ബുദ്ധിക്കൊരു മാറ്റം കിട്ടും അപ്പൊ മൊത്തത്തിൽ പ്രതീക്ഷ ഈ തലനരച്ചവരൊക്കെ ഒരു പ്രതീക്ഷ പറയുന്ന ചെറിയ കുട്ടിയും കൂടെ അവർക്കൊരു പ്രതീക്ഷയുണ്ട് പറയൂ അവർ ചോദിക്കുന്നുണ്ട് എന്താണ് ശ്രീരാമൻ ചെയ്തത് ശരിയാണോ എന്ന് അവര് ചോദിക്കുന്നു ഞാനിവിടെ ഇരുന്ന് ദുരന്തം പറയുന്ന കാര്യമില്ല ഞാൻ പറഞ്ഞപ്പോ പലർക്കും കൊണ്ടിയ കാര്യമില്ല അതിവിടുത്തെ ചെറിയ കുട്ടികൾ ചോദിക്കുന്നുണ്ടെന്നാ നമ്മയുടെ രാമൻ ചെയ്ത ശ്രീരാമനെ രാമൻ രാമൻ ചെയ്തത് ശരിയാണോ കുട്ടികളുടെ പ്രതീക്ഷ എന്നൊക്കെ പറയും മുറ്റിപ്പോയെന്നൊക്കെ ഒരു പ്രതീക്ഷയില്ല മുറ്റിയത് മുറ്റിയത് അത് പൊളിപ്പാണെങ്കിൽ പൊളിപ്പായിരിക്കും കയ്പാണെങ്കിൽ കയ്പായിരിക്കും പിന്നെ അത് മാറത്തില്ല അങ്ങനെയായിരിക്കും ചുരുക്കത്തിൽ എന്താണ് ബോധം മനുഷ്യൻ ചുരുക്കം അമ്മ എന്തൊക്കെ പറഞ്ഞു കേൾക്കാൻ വലിയ ആഗ്രഹം ആയിരുന്നാലും ഇത്രയ്ക്കും മതിയോ കേൾക്കാൻ ആഗ്രഹം എന്താണ് ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും നല്ലത് പറഞ്ഞു കാണാൻ ആഗ്രഹം നിങ്ങളെ കുറിച്ച് ഇങ്ങനായ കാര്യങ്ങളും പറഞ്ഞു ഇത് മാത്രമല്ല പറഞ്ഞത് എന്തായിരിക്കും മനുഷ്യർക്ക് ബോധം കൊച്ചുകുട്ടികളുടെ ബോധം പോലും മുതിർന്ന ആൾക്കാർക്കില്ല ഞാനിവിടെ എന്താണോ ഇതെന്ന് പറയുന്നത് അങ്ങനെയൊന്നും അല്ല പറയേണ്ട എന്നല്ല എന്ന് പറയുന്നത് ആ പറയുന്നത് കൊണ്ടുകൂടി ആർക്കും ബോധം ഉണ്ടാവുന്നില്ലെന്നാണ് ചെറിയ കുട്ടികൾക്ക് കുറെ ബോധം അപ്പോ എന്താ പറയുന്നത് മനസ്സിലാണ് സംഭവിക്കുന്നത് ഒരു സ്വബുദ്ധി എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാവണം എന്നുള്ള പറയുന്നത് തിരിച്ചെടുക്കും ഇത് പരപ്രത്യ ജയബൃത്യ ആരൊക്കെയോ കാലാകാലങ്ങളിൽ തള്ളിക്കയറ്റിയ ഓരോ അന്ധവിശ്വാസവും ആദരിക്കുന്നവർക്ക് ചെറിയ പ്രായത്തിലൊക്കെ മനസ്സിലെ തള്ളിക്കയറ്റിയ മൂഢ ചിന്തകൾ മൂഢബുദ്ധി ഇത്തരം പല വിഷയങ്ങളും അതാണ് മനസ്സിലിരിക്കുന്നത് കുട്ടിക്കാലത്തതിനുള്ളിൽ കയറിയത് എല്ലാ വിഷയങ്ങളും ആത്മീയമായ വിഷയങ്ങളിലായാലും ശരി ഭൗതികമായ വിഷയങ്ങളിലായാലും ശരി ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളായിരിക്കും അല്ലെങ്കിൽ മാതാപിതാക്കളായാലും ഒരുപാട് മൂഢതകൾ നമ്മുടെ മനസ്സിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട് മുതിർന്നു വരുമ്പോൾ അതന്തു വയ്ക്കിയ നിധിയായതിനാൽ നമ്മൾ ഇല്ല സ്വന്തം ബുദ്ധിയെ പരിഷ്കരിക്കാനുള്ള ആത്മബല ഇതാവും അവിടെയാണ് പ്രശ്നം അതും ഉണ്ടാകുന്നില്ല ഇത്തരം ശാസ്ത്രങ്ങളൊക്കെ അത് നമ്മളെ സഹായിക്കുന്നതാണ് പക്ഷെ അത് നമ്മൾ ഈ വർക്ക് ചെയ്ത് അത് കൊറോണയുടെ മരുന്ന് എല്ലാവരും വർക്ക് ചെയ്തില്ല കുറെ പേരിൽ അത് വർക്ക് ചെയ്തില്ല അതുപോലെയാണ് അവർക്ക് ചത്തുപോയി അതുപോലെ തന്നെ ഇത്തരം അറിവുകളൊന്നും നമ്മുടെ ബുദ്ധിയിൽ പരിഷ്കാരം വരുത്തിയില്ല മൂത്ത് നരച്ച് ചത്തുക അവസരമെല്ലാവരും കൂടെ ചത്തതിന് ശേഷം പറയും എന്താണ് നിത്യശാസ് ജീവിച്ചിരിക്കും പോലും ജാഗ്രമ അന്ധവിശ്വാസം മൂഢ ഇതൊക്കെ മനസ്സിൽ നിന്ന് പരിഹരിക്കാതെ മാർഗം ഞാൻ ആ തോൽക്കിപ്പോയിരുന്നു പറഞ്ഞു ആ പശുക്കൾക്കുള്ള എന്നേ ശാന്തി ഒരു സംശയം അവിടെ പറയുന്നു അനന്തസുഖസം നാശമില്ലാത്തതായ ആ സമത്വത്തിന്റെ സംബന്ധം സമത്വ സംബന്ധം മനസ്സിലാക്കുന്നു തസ്മാ ആനന്ദി അതുകൊണ്ടാണ് മനസ്സിന് സന്തോഷം വരുന്നത് അപ്തയെ പ്രാപ്യതയെ മനസ്സിന് സന്തോഷം ഉള്ളതുകൊണ്ട് നമ്മളീ മൃഗപിടിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വലിച്ചു ദൂരത്തുള്ള എന്താണ് ഈ മൂഢതകള് അന്ധവിശ്വാസങ്ങള് വിവരക്കേടുകളെല്ലാം നമ്മളെ മുഷ്ടിക്കൊണ്ടിട്ട് ചുരുട്ടി പിടിച്ചു കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ മനസ്സിന് മറ്റൊരു ശാന്തി പ്രതീക്ഷിച്ച് ജീവിക്കാവുന്നതോടെ അതാണ് നമ്മൾ സംഭവിക്കുന്നത് അതുകൊണ്ട് അതഹ സമ സന്തോഷ സാധനം മനോജയ സമവും സന്തോഷവും ഉപായുമായിരിക്കുന്ന മനോജയത്തെക്കുറിച്ച് ചിന്തിക്കുക അതിനെക്കുറിച്ച് വിചാരം ചെയ്യണം അനന്തസം സമസംയോഗ അങ്ങോട്ട് ചെയ്യണം അനന്ത സമസംയോഗ ഉള്ളതാണ് അനന്ത സമസംയോഗത്തോടുകൂടാതെ മനോജയം എന്ന് പറയുന്നത് സമത്വം തസ്മാ ആനന്ദ ഇതേതുകൊണ്ട് മനസ്സിന് ആനന്ദമുണ്ടാകുന്ന ആനന്ദം നമ്മുടെ മനസ്സിൽ തന്നെ തിഷ്ടത ഗച്ചത ചെരുവ പ്രഥത രക്ഷസ ദാനമേന ദേവേന പുരുഷേണ വന പ്രസം മനോഭൂതം സത്പ്രാപ്യം പരമാ അപ്പോ ഇന്ന് ഈ പറയുന്നതാണ് ശാന്തിയാണ് ആത്മീയത എന്ന് നമ്മൾ പലതവണ ചർച്ച ചെയ്യും ആത്മീയത എന്ന് പറഞ്ഞാൽ യാതൊരു വിഭ്രാന്തികളാണ് അത് ശാന്തിയാണ് പറയുന്നത് ശാന്തി കൊണ്ടുണ്ടാവുന്ന ഒരു സന്തോഷം മനഃശാന്തി അങ്ങോട്ടുണ്ടാവുന്ന സന്തോഷമാണ് ആത്മീയത അത് എവിടെയായിരുന്നു ആർക്കായിരുന്നു എങ്ങനെ തിഷ്ഠത നിൽക്കുന്നവൻ എന്നുച മനുഷ്യന്റെ പലതരത്തിലുള്ള കർമ്മരംഗങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയേണ്ട അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ള വ്യക്തത നിൽക്കുകയോ നടക്കുകയോ എന്നുള്ള അവന്റെ പ്രവൃത്തിയെ ആശ്രയിച്ചിട്ട് പദ്ധത പതിക്കുന്നവനാണോ ഭ്രമിക്കുന്നവനാണോ അതെല്ലാം പ്രവൃത്തികളെ കുറിച്ച് പറയുകയാണ് എന്തായാലും ശരി കാരണം ജീവിതത്തിന്റെ പതനങ്ങൾ സംഭവിക്കും ഭ്രമണങ്ങൾ സംഭവിക്കും ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളും വീഴ്ചകളും എല്ലാത്തിനെടുത്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നവന്റെ കർമ്മരംഗത്താണ് അതിന്റെ മനസ്സിലൊന്നും സംഭവിക്കാൻ പാടില്ല ജീവിതത്തിലെ നാനാ രംഗങ്ങളിലിതൊക്കെ സംഭവിക്കും അത് ഉളവുകാരും പറ്റത്തില്ല മനുഷ്യനാണ് ഉയർച്ച താഴ്ചകളും ജയപരാജയങ്ങളും സംഘർഷങ്ങളും ആന്തരികമായും ബാഹ്യമായും എല്ലാം ഉണ്ടാവും ഒരു വ്യക്തി എന്ന് മാന അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് രക്ഷസ ദാനവേന ദേവേന പുരുഷേന എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ അത് രക്ഷസായനുസരിച്ച് ദാനവനായാലും ശരി ദേവനായും മനുഷ്യനായാലും ഇതൊക്കെ പഴയ സന്ദർഭം അനുസരിച്ച് പറയണെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും മനുഷ്യരും അകത്ത് രാണങ്ങളെ അടിസ്ഥാനമാക്കി പറയുണ്ട് ദേവൻ തന്നെ എന്ത് കഷ്ടപ്പാടാ അനുഭവിക്കുന്നു ചിലടം അവരുടെ ഒരുപാട് പേരുണ്ടല്ലോ ചിലപ്പോൾ ജ്ഞാനിയായ ദേവേന്ദ്രനും എന്നാണ് പക്ഷെ ഇതുപോലെ ഇവിടെ നിന്ന് വരയുന്ന ദേവേന്ദ്രനുമാണ് മനുഷ്യനായ അവന്റെ ജീവിതരംഗം എന്താണ് അവന്റെ പ്രവൃത്തി രംഗം എന്താണോ എന്നുള്ള ഒന്നുമല്ല അതൊന്നുമില്ല പിന്നെന്താണ് മലപ്രശമനവും മനസ്സിന്റെ ശാന്തി പ്രസമനം എന്ന് വെച്ചാൽ ശാന്തി സമാധാനം അതുകൊണ്ടുണ്ടാകുന്ന പരമാംശുഖം തത്ര അതുകൊണ്ടുണ്ടാകുന്ന ഒരു പരമമായ സുഖമാണ് അതാണ് പ്രാപിക്കേണ്ടത് ആ സുഖത്തെയാണ് ആത്മീയത എന്ന് പറയുന്നത് ഇനി ആത്മാവിനെന്ന് പറഞ്ഞാലും ശരി ആത്മീയ സുഖം നമുക്ക് നേടാം ഇനി ഒരു ആത്മാവിനെ കണ്ടെത്തിയില്ലൊരു പ്രശ്നം വരും മനസ്സുമതി മനസ്സും അതേ സുഖം കണ്ടെത്താം ദുഃഖിക്കാനും മനസ്സും അതുകൊണ്ട് ആത്മാവിനെ കുറിച്ച് വളരെ സങ്കീർണ്ണമായ ആത്മീയ തത്വചിന്തകളുടെ മനസ്സിനെ കുഴച്ചിടേണ്ട ആവശ്യമാണ് ആത്മാവ് എങ്ങനെയും എന്ന് പറയുന്ന തർക്കവിതർക്കങ്ങൾ മനസ്സിനെ തളർത്തിക്കൊള്ളേണ്ട കാര്യം അങ്ങ് ഉണ്ടായിക്കോട്ടെ ഇല്ലതായിക്കൊള്ളട്ടെ മനസ്സിന്റെ ശാന്തിയാണ് അതാണ് ഇവിടെ പറയുന്നത് തിഷ്ഠത വ്യക്തത പതത ഭ്രമത കഥ രക്ഷസ ദാനവേന ദേവേന പുരുഷേനമാണ് ആർക്കായാലും എങ്ങനെയുണ്ടാകുന്നായാലും മനപ്രശമനോദ്ഭൂതം പരമാംസുഖം തത്പ്രാപ്തി മനസ്സിന്റെ ശാന്തി ഒന്നുണ്ടാകുന്ന സുഖം അതാണ് പ്രാധ്യങ്ങൾ നമ്മൾ ചോദിക്കും എന്താണ് മനസ്സിന്റെ ശാന്തി അതിന് നമുക്കറിയാം മനസ്സിന്റെ ശാന്തിക്ക് എങ്ങനെ നേടും മനഃശാന്തിക്ക് തടസ്സമായിരിക്കുന്ന എന്താണെന്ന് തിരിച്ചറിയില്ല അതിനെ പരിഹരിക്കും അതാണ് ഏറ്റവും നല്ലപടി കാരണം നമ്മുടെ മനസ്സിന് അശാന്തി ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ മൂഢതകൾ നമ്മുടെ വിവേകശൂന്യമായ ചിന്തയും പ്രവൃത്തിയല്ല അതൊക്കെ അകലുകൾ ഈ ശാസ്ത്രങ്ങളിൽ നിന്നൊക്കെ പഠിക്കുന്നത് മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചിന്തയും പ്രവൃത്തിയൊക്കെ ഉള്ള അതങ്ങനെ അറിയാം അത് ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അറിയാൻ ഇത് അസ്വസ്ഥതയുണ്ടാകുന്നതാണ് അപ്പൊ അതൊരു അതോരോ മനുഷ്യനും പ്രത്യേകമായിരുന്നു ഒരു പൊതുധാരണ കൊണ്ട് പറയാൻ പറ്റില്ല ഒരാൾക്ക് മനസ്സിന് ശാന്തി കൊടുക്കുന്നത് ചിലപ്പോൾ മറ്റൊരാൾക്ക് ശാന്തി കൊടുത്തില്ല എന്ന് പൊതുവായി പറയണമെങ്കിൽ എന്താണ് വ്യക്തിക്ക് സമൂഹത്തിന് ദ്രോഹം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുക സമൂഹത്തിന് പൊതുവെ കൽപ്പിച്ചിരിക്കുന്നു അതിനനുസരിച്ച് ജീവിക്കുക അമിത സ്വാതന്ത്ര്യം ഞാൻ എന്റെ ഇഷ്ടമനുസരിച്ച് എന്റെ ജീവിതം കൊണ്ടുപോകും അങ്ങനെയൊന്നും കരുതാതിരിക്കുക അത് നടക്കുന്നതായിരിക്കും അത് നമ്മുടെ കേവലം അഹന്തയാണ് ഒരു മാർക്കും ജീവിക്കാൻ പറ്റത്തില്ല അപ്പൊ പൊതു സ്വാതന്ത്ര്യത്തിന് അനുസരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം നോക്കുക അനപ്പുറം ഒരു സ്വാതന്ത്ര്യം അതിൽ നിന്നുകൊണ്ട് ജീവിക്കുക അപ്പോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്താണ് നമുക്ക് ശല്യം ചെയ്യുന്നത് പരദ്രോഹചിന്ത നമ്മുടെ മനസ്സിന്റെ സമാനങ്ങളെയും അസൂയ മനസ്സിന്റെ സമാനങ്ങളെയും ൂഢതകൾ ആണ് ഏറ്റവും വലിയ ദോഷം അതാണ് ഞാൻ നേരത്തെ പറയും ആശ്രമത്തിൽ നിന്നും താമസിച്ചു നേരിട്ട് ശാന്തി വരണമെന്നു അതിന് നിത്യശാന്തികളൊക്കെ കിട്ടുവാനും വേറെ ശാന്തി വരണമെന്ന് മൂഢത മത്സ്യങ്ങൾ ഞാനേ പുറത്തായാലും അങ്ങനത്തെ വികാസി സമപുഷ്പവേകോച്ച അനുഭവം നല്ലോത്ഭൂതം പരമസുഖം തിരിഞ്ഞു പോയാൾ ഒരു വരിക വികാസി സമപുഷ്പ വിവേകോച്ചതരോഹം ആ പരമസുഖം എന്ന് പറയുന്നത് എന്താണ് വികാസി സമപുഷ്പകാസി വികസനശീലമുള്ളതായി നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പരിശ്രമം ഉണ്ട നമ്മുടെ സാധനമുണ്ട് നിരന്തരം വികസിക്കുന്ന സ്വഭാവത്തോടുകൂടിയ ഒന്നാണ് സമപുഷ്പം സമമാകുന്ന പുഷ്പം അതിനുവേണ്ടി നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുമോ അതനുസരിച്ച് നമ്മളുള്ളത് ശാന്തി ശാന്തി വന്നുകൊണ്ടേരിക്കും അപ്പൊ മനസ്സിന്റെ ശാന്തി എന്ന് പറയുന്നത് മനസ്സിന്റെ രൂക്ഷം അതില്ലാതാക്ക അതാണ് മനസ്സിൻ്റെ ശ്രദ്ധ അത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ശരീരമൊക്കെ കീറി മുറിക്കുന്നത് പോലെ അത് ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ വേദന അനുഭവിക്കേണ്ടി വരും വലിയ മുറിവാണെങ്കിൽ കീറി കഴിഞ്ഞതിന് ശേഷം വേദനയും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കും അപ്പൊ മനസ്സിന്റെ രൂക്ഷത എന്ന് നമ്മൾ വേണ്ടത് തിന്മയോടാണ് അവിടെ മനസ്സ് രൂക്ഷമായ നിലപാടെടുക്കുന്നു കാരണം അതാണ് കൂടുതലും മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത് മനസ്സിന്റെ സമാധാനത്തെ പെടുത്തിക്കളയുന്നതെല്ലാം രൂക്ഷമാണ് അതിനോട് രൂക്ഷമായ ഒരു നിലപാട് ചെയ്യുന്ന മനസ്സ് എടുക്കേണ്ടത് അതാണ് ഈ അന്ധമായ വിശ്വാസങ്ങൾ മൂഢതകൾ അതിനോട് യാതൊരു തരത്തിലുള്ള ദൈര്യം ദാക്ഷിണിയും കാണിക്കുമ്പോൾ അവിടെ എന്താണ് രൂക്ഷമായ നിലപാടെന്ന് പറഞ്ഞാൽ ശക്തമായ നിലപാട് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി തന്നെ തീ മദ്യപാനം കുറെ ശു മദ്യപിച്ച മദ്യപാനം ദോഷത്തിൽ ഒരാൾക്ക് മാറാൻ പറ്റും പറ്റത്തില്ല അവിടെ രൂക്ഷമായ നിലപാട് കണ്ടത് ഒഴിവാക്കുക എന്ന് വെച്ചാൽ പൂർണ്ണമായും ഒഴിവാക്കുക അത്ര അവിടെ ദൃഢമായ ശക്തമായ നിലപാടെല്ലാം എന്നോട് അടുക്കണം പക്ഷെ നമ്മളൊരു സഹജീവിയോട് പെരുമാറുമ്പോൾ അവിടെ രൂക്ഷതപാടും അവിടെ മനസ്സ് സൗമ്യമായും ശാന്തമായും പ്രതികരിക്കുന്ന ഒരു ശീലം ഉണ്ടാവും എന്നാൽ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവും സഹജീവിയോട് ഇടപെടണം മറ്റിടത്തങ്ങനെ നമ്മുടെ മനസ്സിനെ നശിപ്പിക്കുന്ന ൂട് ശക്തമായ രൂക്ഷമായ നിലപാട് രണ്ടും രണ്ടു തരത്തില് വേണം വെറൊക്കെ അഗ്നിയെ ദഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ പൂർണ്ണ ശക്തിയോടുകൂടിയാണ് ദേവിക്കുന്നത് അത് ദഹിപ്പിക്കുന്ന ഏതുവരെ അത് ഭസ്മമാകുന്നവർ ദേഹിക്കും അതാണ് അഗ്നിയുടെ രൂക്ഷമാണ് മൂഢതയോട് മനസ്സിനിയെപ്പോലെ രൂക്ഷമായി പ്രവർത്തിക്കും അല്ലാതെ അതിനോട് സന്ധി ചെയ്യും കുറെ നല്ല വിശ്വാസങ്ങളും കുറെ അന്ധവിശ്വാസങ്ങളും അങ്ങനെ മനസ്സിൽ അത് സർജറി ചെയ്ത് ട്യൂമറൊക്കെ എടുത്ത് മാറ്റുന്നവരും മനസ്സിൽ നിന്ന് എടുത്തം കളയും ഒരു അഴകുഴമ്പൻ എന്ന് പറയും മലയാളത്തിൽ അങ്ങനെ ഒരു നിലപാട് എടുത്ത മൂരികനെ രക്ഷപ്പെടുത്തി അതിനെയൊക്കെ മനസ്സിൽ നിന്നും പറിച്ചു കളയും ദഹിപ്പിച്ചു കളയാതെ അവിടെ ശക്തമായ നിലപാടെടുക്കും പക്ഷേ ജീവിത വ്യവഹാരങ്ങളിൽ വളരെ സൗമ്യമായ നിലപാടുണ്ട് സമൂഹത്തെ നമ്മൾ ജീവിക്കുമ്പോൾ സൗമ്യമായ നിലപാട് അപ്പോ ആന്തരികമായ നമ്മുടെ ദുഷിച്ച ഭാവങ്ങളോടും യുദ്ധം പ്രഖ്യാപിക്കുന്നത് സമൂഹത്തോടും നമ്മുടെ ചുറ്റുപാടുകളോടും നമ്മുടെ സൗമ്യതശീലിക്കുന്നതിന് മനസ്സിലാക്കുന്നു കാരണം ഉള്ളിൽ ഈ ദോഷങ്ങളിരിക്കുന്നിടത്തോളം നമുക്കൊരിക്കലും ശാന്തി ഉണ്ടാവുന്നു ഏറ്റവും വലിയ തൊഴിൽ ഈ അന്ധമായ മൂത്തമായ വിശ്വാസങ്ങൾ ഇവരുടെ പ്രതീക്ഷയെ കുറിച്ച് ഒരുപാട് പറയും അപ്പൊ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല വർത്തമാനത്തിൽ എന്താണ് ശരിയാക്കിയാൽ ഭാവിയും ശരിയാവും അപ്പൊ വർത്തമാനത്തിൽ തന്നെ ശരിയാകും മനസ്സിന്റെ ശാന്തി ഉണ്ടാക്കിയത് ഭാവി ശരിയാക്കിയെടുത്താൽ ഒന്നും കൂടെ ഇല്ല ഇപ്പൊ ശരി ഇപ്പൊ ശരിയാക്കിയാൽ ഭാവി ശരിയാകും ശരിയാകത്തില്ല പിന്നെ ഭാവി സൗജന് ഉറപ്പുമില്ലല്ലോ അതുകൊണ്ട് ശമത്തെ ശാന്തിയെ നിരന്തരം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ വളർത്തിക്കൊണ്ടുവരാണോ ഇവിടെ പറഞ്ഞത് വികാസ് ചമപുഷ്ഠം നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുഷ്പം പോലെയാണ് മനസ്സിന്റെ ശാന്തി അത് വളർത്തിക്കൊണ്ടുവരുന്നത് ഇന്നലത്തെക്കാട് ഇന്ന് കൂടുതലായിരിക്കും നാളെ കൂടുതലായാലും അതിനെക്കുറിച്ച് ഒരാൾ ബോധവാനായിരുന്നു തൻ്റെ മനസ്സ് ശാന്തിയിലേക്കാണ് പോകുന്നത് അദ്ദേഹശാന്തിയിലേക്കാണ് പോകുന്നത് തൻ്റെ ചുറ്റുപാടുകൾ തന്റെ ശാന്തിയെ എത്രമാത്രം നശിപ്പിക്കുന്നു തൻ്റെ മൂടകൾ അതെല്ലാം ആന്തരികമാണല്ലോ അത് ശാന്തി എത്രമാത്രം നശിപ്പിക്കുന്നു അപ്പം അവിടെ ബുദ്ധി ഉപയോഗിച്ച് ചുറ്റുപാടുകൾ കൈകാര്യം ചെയ്യുക ദൃഢമായ മനസ്സിൻ്റെ നിശ്ചയങ്ങളുണ്ട് ആന്തരികമായ മൂഢതകളെ കൈകാര്യം ചെയ്യും അതിൻ്റെ ഫലം എന്താണ് വിവേക ഉച്ചതരൂപം അവിടെ അതാണ് വിവേകം പ്രയോഗിക്കുന്നത് ആന്തരികമായ കാര്യങ്ങളിലും വിവേകത്തെ പ്രയോഗിക്കുന്നു ബാഹ്യമായ കാര്യങ്ങളിലും വിവേകത്തെ പ്രയോഗിക്കുന്നു മൂഢതയുടെ പരിഹാരമാണ് അന്ധമായ വിശ്വാസങ്ങളും പരിഹാരങ്ങളും ഇതിൽ നിരന്തരം ആത്മീവിശ്വാസങ്ങൾ കഥ എന്ന് പറയുന്നത് ആർക്കും വേണ്ടാത്ത അതാണ് വിവേകമാകുന്ന വളരെ ഉച്ചതും ഉയർന്ന ഒരു വൃക്ഷം ആ വൃക്ഷത്തിൽ നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുഷ്പമാണ് ശമം അതിന്റെ ഫലമാണ് പരവമായ സുഖം വിവേകമാകുന്ന ഒരു വൻവൃക്ഷത്തെ തൻ്റെ ഉള്ളിൽ നട്ടു വളർത്തുക അതിൽ എന്താണ് അതിനുവേണ്ട വളവും വെള്ളമൊക്കെ കൊടുത്തിട്ട് അതിൽ വലിയ ശമമാകുന്ന ശാന്തിയാകുന്ന പുഷ്പത്തെ വികസിപ്പിച്ചെടുക്കുക അതിന്റെ ഫലമായി ഉള്ളിൽ ഉണ്ടാകുന്നതാണ് സംഭവം ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ സംഭവിച്ചുള്ള കാര്യങ്ങളാണെന്നാണ് പറയുന്നത് ഇത് കൂട്ടുണ്ടെങ്കിലും പറയാം ഇത് കൂടെ കാര്യങ്ങൾ എങ്ങനെ വിശ്വസിക്കുകയും അപ്പ എല്ലാം കൂടെ വേണം ഒന്ന് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വിവേകം തിരിച്ചറും ബോധം ബോധക്കേടെ മാറ്റം ബോധം വന്ന സംബന്ധിച്ചുള്ള ബോധം ബോധം ഈ പറയുന്ന എന്താണ് നമ്മുടെ ശരിയായ മാനസിക ഭാവങ്ങൾ എന്തൊക്കെയാണ് മോശമായത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത് എന്താണ് മനസ്സിനെ സ്വസ്ഥമാക്കുന്നത് ഇങ്ങനെയാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് ഒരു ബോധം അതാണ് ഒരു മനസ്സിൽ ചൂടുറപ്പിച്ചിരിക്കുന്നത് ൃഢുമായി നിൽക്കും ഉച്ചതും പറഞ്ഞാൽ എന്താണ് പക്ഷെ എത്രമാത്രം ഉയരത്തിലേക്ക് പോകുന്നു അത്രമാത്രം അതിന്റെ വേദികൾ ആഴത്തിലേക്കും പോകും അങ്ങനെ അതിനെ വരും അല്ലെങ്കിൽ കാറ്റും മറിഞ്ഞു അപ്പൊ വിവേകത്തിന്റെ വേദികൾ കണ്ട് ഉറപ്പുള്ളതായാലും അങ്ങനെയുള്ള ആ വിഷത്തിൽ ഉണ്ടാകുന്നു ഉണ്ടാകുന്നതിന് നിരഗതരം വികസിപ്പിക്കുന്ന ഒരു ാണ് ശാന്തി നിരന്തരതിനുവേണ്ടി അതിനെ ആർജിച്ചുകൊണ്ടിരിക്കുന്നത് ശാന്തി അതിനുണ്ടാകുന്ന ഫലമാണ് സുഖം അത് ഇവിടെ പറയുന്നു അങ്ങനെ ഒരു ശാന്തി സുഖം ഒക്കെ ഉണ്ടാകുന്നത് ശരിയാണ് മനുഷ്യൻ അവൻ്റെ സാഹചര്യങ്ങളെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ അത് പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതായിരുന്നു അത് ഏത് സാഹചര്യത്തിലും നമ്മൾ ബുദ്ധിപൂർവ്വം ജീവിച്ച് വാർദ്ധിച്ചെടുക്കേണ്ടതുണ്ട് വീട്ടിലായാലും ആശ്രമത്തിലായാലും ഹിമാലയത്തിലായാലും ഇവിടെ അത് കിട്ടണമെന്നും ശാന്തിയും സുഖവും വിവയവും ഒക്കെ ഒരു നിർബന്ധം ഉണ്ടായി കൂടുന്നു അതിനുവേണ്ടി പ്രത്യേകിച്ച് ലോകത്തൊരു സ്ഥലമില്ല ഏത് സ്ഥലത്തും അത് ഉണ്ടാകാതെയും പ്രകൃതിയുടെ പങ്ക് അതിന് ആ പ്രകൃതി എന്ന് പറയുന്നത് എന്താണ് ആന്തരികമായ പ്രകൃതി നമ്മുടെ മനസ്സാകുന്ന ആ പ്രകൃതി അത് എന്നാണ് അതിന് മുഖ്യമായ പങ്ക് വഹിക്കാവുന്നത് ചുറ്റുപാടുകൾക്ക് ഇല്ലെന്നല്ല ഒന്നിനെ നമുക്ക് അവഗണിക്കാൻ പറ്റത്തില്ല രാമൻ രാജകൊട്ടാരത്തിവിക്കുകയാണ് രാജകൊട്ടാരത്തി ഒന്നും സുഖം കിട്ടുന്നില്ല എന്നാണോ രാമന്റെ പരാതി നേരത്തെ പറയുന്ന വിശാന്തി ഉണ്ടാക്കും സുഖമുണ്ടാക്കും അപ്പൊ സാഹചര്യങ്ങൾക്ക് വലിയ പങ്കില്ല എന്നും ഒരു പങ്കുണ്ട് അതിനേക്കാൾ ലക്ഷ്യം ആന്തരികമായി പ്രവർത്തിയാണ് പരിശ്രമം തന്നെ അവിടെ വിവേകം ഉണ്ടാകത്തുള്ളൂ കൊട്ടാരത്തിലെ വിവേകം ഹിമാലയത്തിലെ വിവേകമില്ല അവിടെ പോയിട്ട് വിവേകം വിലയ്ക്ക് വന്നിട്ടില്ല അത് അവിടെ നിന്ന് കിട്ടുന്ന ഞാൻ എല്ലായിടത്തും പോയി എല്ലാ മാർക്കറ്റിലും അന്വേഷിച്ച ആളാണ് നമുക്ക് വിവേകം വിലയ്ക്ക് വന്നത്തില്ല അവനവന്റെ ഉള്ളിൽ അവിടെ തന്നെ ഉണ്ടാകുമ്പോൾ ഈമപുഷ്പം അവിടെ തന്നെ നസിക്കും സാധിക്കാത്ത കാര്യമല്ല അത് എങ്ങനെയല്ല സാധിച്ചു എന്ന് ആർക്കും പറയാൻ പറ്റില്ല അത് സാധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയും അപ്പൊ അങ്ങനെ സാധിച്ചുകൊണ്ടേയിരിക്കുമ്പോ അതിൽ നിന്ന് ഫലങ്ങളും ആ ഫലമാണ് ഇത് സാധാരണ പുഷ്പവും ഫലവും പോലെയല്ല സാധാരണ എന്താണ് പുഷ്പം വികസിക്കുന്നു ഫലമുണ്ടാകുന്നു പുഷ്പം കരിഞ്ഞു ഇവിടെ അങ്ങനെയാണ് ഇവിടെ എന്താണ് പുഷ്പവും എന്താണ് പുഷ്പേര് നിത്യ കല്യാണി എന്നാണ് ഒരിക്കലും അത് പാടത്തില്ല അങ്ങനെയുള്ള ഒരു പുഷ്പമാണ് നിരന്തരം എന്നും എന്തെയ്യും വികസിച്ചുകൊണ്ടെങ്കിൽ എന്റെ ഫലം അത് തന്നെയാണ് പഴുത്തും നശിച്ചു അതിനെയാണ് നിത്യശാന്തി ചത്തതിന് ശേഷം ആർക്കാണ് നിത്യശാന്തി ചത്തയതിനു ശേഷം ഉണ്ടാവുന്ന ഭസ്മശാന്തി അതിന് ശാന്തമാണ് അധികൊന്നും സംഭവിക്കൂ അതൊരു പ്രതീക്ഷയൊന്നും ജീവിക്കരുത് അതൊക്കെ വേറെ മൂഢതയാണ് ഒന്നും സംഭവിക്കേണ്ട ആവശ്യമില്ല ഒന്ന് സംഭവിക്കാനും പോകുന്നില്ല ഒരു കാര്യ അതൊക്കെ മൂഢ അതിനെക്കുറിച്ചുള്ള ഞങ്ങളെ സങ്കല്പങ്ങൾ ചത്തതിന് ശേഷം ലോകത്ത് പോയി അവിടെ സുഖമായി അത് തല നനച്ചാലും നരക്കാത്ത മൂട്ടറിയണം അതിനും മരുന്നില്ല അതിനു പിന്നെ ഭസ്മമാണ് മരുന്ന് വേറെ മരുന്നു അതുപോട്ടെ അതിനെക്കുറിച്ച് ചിന്തിച്ചേണ്ട കാര്യം അപ്പം ജീവിച്ചിരിക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അതാണ് പറയുന്നത് എന്താണ് തത് പ്രാപ്യം പരമംസുഖം മനപ്രശമനോദ്ധം തത്പ്രാപ്യം ആ സുഖത്തെക്കുറിച്ച് പറയുന്നു മനപ്രശമനോദ്ഭൂതം വികാസിമപുഷ്പ വിവേകോച്ചതരോ യത് ഫലം തത് പരമം സുഖം പ്രാപ്ത അതാണ് ഒരാൾ മരിച്ചതിന് ശേഷമുള്ളതായി ശാന്തി സന്തോഷത്തിന് ശാന്തി സന്തോഷത്തിനപ്പുറം വേറെ ആത്മീയതയില്ല ഒരു ആത്മീയ കമ്പോളങ്ങൾ ഇതിൻ്റെ കച്ചവടം നടന്നു അവനവൻ്റെ ഉപയോഗം മാത്രമേ